ഞങ്ങളുടെ ദൂതന്മാർ ലൂത്താനിഹസ്ലാമിനു വന്നപ്പോൾ അദ്ദേഹം അവരെ കണ്ടു വിഷമിക്കുകയും അവർ കാരണം അസ്വസ്ഥനാവുകയും ചെയ്തു അവർ പറഞ്ഞു നീ ഭയപ്പെടേണ്ട ദുഃഖിക്കേണ്ട തീർച്ചയായും നിന്നെയും നിന്റെ കുടുംബത്തെയും ഞങ്ങൾ രക്ഷിക്കും എന്നാൽ നിന്റെ ഭാര്യ ഒഴികെ അവശേഷിക്കുന്നവരിൽ അവളുമുൾപ്പെടും